മറ്റു ചിലർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു അവർ സൽക്കർമ്മത്തോടൊപ്പം ദുഷ്കർമ്മങ്ങളും കൂട്ടിച്ചേർത്തു അള്ളാഹു സുബഹാനഹൂവറ്റ ആല അവർക്ക് മാപ്പ് നൽകിയേക്കാം തീർച്ചയായും അള്ളാഹുസുബഹാനഹുവറ്റ ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്